സീർത്ത സ്വാഹിമതി സിശ്വരേ സഭ ജീവിത ശരി ഭഗവാല സംഗ സപ്തക വിജ്ഞാനം മഗ്യാദ് ഭൂയോ രാശ്യം ദൈവം നിധിം വാവാക്േഖാം ദവിദ്യം ബ്രഹ്മവിദ്യം ഭൂതവിദ്യം ക്ഷത്രവിദ്യം നക്ഷത്രവിദ്യം സർപ്പം ദിവസ യാംസിതംഗീലി ബ്രഹ്മം ധർമ്മം സത്യം ചൃതം ചു ലോകമേ വിജ്ഞാനമു സ്രമീപാസ്ഥേ ज्ञानवतोद्री थाचारोतीज्ञानीस्थे भव अस्ती വിജ്ഞാനം അവധ്യാനാദ്ജ്ഞാനമാണ് അടുത്തത് വിജ്ഞാനോപാസനെ കുറിച്ച് പറയുന്നു അതാണോ ധ്യാനത്തെക്കാൾ ഭൂയ അധികമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളതെന്നും പറയാം ധ്യാനവും വിജ്ഞാനവും ിൽപ്പെടുത്തുമ്പോൾ വിജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാം എന്തുകൊണ്ട് ഭാഷകാലം പറയുന്നു വിജ്ഞാനം ശാസ്ത്രാർത്ഥ വിഷയം ജ്ഞാനം ഇവിടെ വിജ്ഞാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രാർത്ഥ വിഷയമായ ജ്ഞാനമാണ് ശാസ്ത്രാർത്ഥത്തെ ആഗ്രഹിക്കുക ണപ്പോ ആ ജ്ഞാനം ധ്യാനത്തിന് കാരണമാണ് അതുകൊണ്ട് ധ്യാനത്തെക്കാൾ അതിന് ആധിക്യമുണ്ട് ധ്യാനത്തെക്കാൾ മെച്ചമാണെന്ന് പറയാ കഥും ചസ്യ ഭൂയസ്ഥം ഇത്യാഹ എന്തുകൊണ്ട് പറയുന്നുേദതയാണം പ്രണതയാർജ്ഞാനം ധ്യാന കാരണം ്വേദത്തെ പ്രമാണമായി ഗ്രഹിക്കുന്നു ജാനാതി ഐ മൃഗ്വേദം ഗുർഗീതത്തെ മനസ്സിലാക്കുന്നു ഇത് പ്രമാണമാണ് ഞാൻ അർത്ഥജ്ഞാനത്തിന് വേണ്ടി ഇതിനെ സ്വീകരിക്കാവുന്നതാണ് അങ്ങനെയാണ് പ്രമാണമെന്ന് പറയുന്നത് ഏതിൽ നിന്നും ഏത് ശബ്ദത്തിൽ നിന്നും അർത്ഥജ്ഞാനം ഉണ്ടാവും പക്ഷെ എല്ലാ ശബ്ദങ്ങളും പ്രാമാണികമാണ് ഒരുക്കുകയതാങ്ങനെ അല്ലെങ്കിൽ പ്രാമാണികമായി അർത്ഥജ്ഞാനത്തിന് സ്വീകരിക്കും പ്രാമാണികവും അപ്രാമാണികവുമായിട്ടങ്ങനെ തിരിക്കുന്നത് ഒരാൾ പറയുന്നു പുറത്തൊരു ആന പ്രാമാണികമാണോ അപ്രാമാണികമാണോ എന്ന് നിശ്ചയിക്കാൻ കഴിയും ആ അവിടെ പോയി നോക്കി അല്ലെങ്കിൽ ഇവിടെ വാസ്തവത്തിൽ അതുണ്ടെങ്കിൽ അത് പ്രാമാണികം അതില്ലെങ്കിൽ ആ വാക്യം അപ്രാമാണികം പക്ഷെ അർത്ഥം ഞാനോ ഏതിൽ നിന്നും ഉണ്ടാകും ആന നിൽക്കുന്നു കേട്ടു കഴിഞ്ഞാൽ ഉടൻ കേൾക്കുന്നവൻ അർത്ഥം ഞാനുണ്ടാവും അവിടെ ആനയുണ്ട് പക്ഷെ അത് പ്രാമാണികമാണോന്നല്ല എന്തുകൊണ്ടാണ് അവിടെ വാസ്തവത്തിൽ ഇല്ലാതെയും പറയാം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രമാണതയഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കണം എന്നാൽ വാക്യം പ്രമാണു അപ്പൊ വേദത്തിന് എന്ന് പറയുന്നത് യഥാർത്ഥമായ ജ്ഞാനത്ത് ഉണ്ടാക്കുന്നു യസ്യാർത്ഥ ജ്ഞാനം ധ്യാന കാരണം അപ്പോൾ ആ വേദാർത്ഥ ജ്ഞാനം അത് ധ്യാനത്തിന് കാരണമാണ് പറഞ്ഞു ദുഃഖ നിവൃത്തിക്ക് ഉതകുന്ന ജ്ഞാനം അതിന് കാരണം അതുകൊണ്ട് വരുന്ന ധ്യാനം അതാ പറയുന്നു അപ്പൊ ദുഃഖ നിവൃത്തിക്ക് ഉതകുന്ന ജ്ഞാനം അത് വേദത്തിൽ നിന്ന് കിട്ടുന്നതാണ് വാക്കിയുള്ള സംക്കത്തില്ല പല കാര്യങ്ങളും അതെന്ന അറിഞ്ഞതുകൊണ്ട് ദുഃഖ നിവൃത്തി ഉണ്ടാകത്തില്ല അത് മാത്രമല്ല ആ ജ്ഞാനം ധ്യാനത്തിന് കാരണമാകും വേണം ും ചർച്ച ചെയ്തിട്ടുണ്ട് ധ്യാനം ശരിക്കും ജ്ഞാനത്തിൽ നിന്നാ ഉണ്ടാകുന്നത് തഥാ യജുർവേദം ഇത്യാദി യജുർവേദം എന്ന് പറയുന്നിടത്ത് ഇതുപോലെ മനസ്സിലാക്കണം തിരിച്ചു സാധാരണ പറയാറുണ്ട് ചോദിക്കും യുന്നു ജ്ഞാനത്തിൽ നിന്ന് ധ്യാനം ജ്ഞാനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ധ്യാനം പക്ഷെ സാറിന് പറയും ധ്യാനിച്ചാലല്ലേ ജ്ഞാനം ഉണ്ടാകത്തുള്ളു എന്ന് പറയും ധ്യാനിക്കുന്ന ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് സാറിന് പറയും ധ്യാനിച്ചു ധ്യാനം കൊണ്ട് ബോധവത ഉണ്ടായി ആത്മജ്ഞാനം ഉണ്ടായി നിർവഹണത്തെ പ്രാപിച്ചു എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ പറയുന്നത് തിരിച്ചാണ് ആദ്യം ജ്ഞാനം നിന്ന് ധ്യാനം അങ്ങനെ ജ്ഞാനം ഉണ്ടായ പിന്നെ ധ്യാനത്തിന്റെ ആവശ്യം എന്താ ജ്ഞാനത്തിന് വേണ്ടിയാണോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യം പറയുന്നു ധ്യാന കാരണം അവസാനം ധ്യാനത്തിന് കാരണമായിരിക്കുന്ന ഒരു ജ്ഞാനമാണ് ആ ജ്ഞാനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവേകം അതെങ്ങനെയാണ് ജ്ഞാനം എന്തിനാണ് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ അറിയുന്നുണ്ട് ആ ജ്ഞാനത്തെയാണ് ധ്യാനത്തിന് കാരണമാകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനത്തിന്റെ തുടർച്ചയാണ് ധ്യാനം എന്ന് പറയുന്നത് ഭാഷകാരം പറഞ്ഞ ഏകാഗ്രത എന്ന് പറയുന്നു ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഏകം അഗ്രം വിഷയം ഏതൊരു ജ്ഞാനത്തിനാണോ ഒരു വിഷയം ഇവിടെ ശോക നിവർത്തിക്കുക ആത്മജ്ഞാനവും മറ്റൊരു ഉപായമില്ല ഇവിടെ ധ്യാനത്തിന്റെ വിഷയവും ജ്ഞാനത്തിന്റെ വിഷയവും ഒന്നാണ് ആത്മാവ് സ്വസ്വരൂപം പക്ഷെ ആത്മാവിന്റെ ജ്ഞാനം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അത് സർവ്വസാധാരണമാണ് ആത്മാവിന്റെ ഞാനും ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് ആത്മജ്ഞാന സർവ്വസാധാരണമായിട്ടുള്ളതാണ് സർവരും അറിയുന്നുണ്ട് ആത്മാവിനെ സർവ്വനും തന്നെ അറിയുന്നുണ്ട് സർവരും ആത്മാവിനെ അറിയുന്നുണ്ട് അത് ഞാൻ പക്ഷെ ഈ ജ്ഞാനം ധ്യാനത്തിന് സഹായിക്കത്തില്ല ഏകാഗ്രതയ്ക്ക് സഹായിക്കത്തില്ല എന്തുകൊണ്ട് എല്ലാവരും അവരവരെ അറിയുന്നുണ്ടെങ്കിൽ ആരും അറിയുന്ന വിഷയത്തെ ധ്യാനിക്കുന്നില്ല അപ്പോൾ അതിന് വിശേഷമായ ജ്ഞാനം വേണം ആ വിശേഷമായ ജ്ഞാനം എന്നുവെച്ചാൽ ആത്മാവിൻ്റെ യഥാർത്ഥമായ ജ്ഞാനം അത് ശാസ്ത്രജ്ഞനുണ്ടാവും ഉപദേശത്തിൽ നിന്നു അതാണ് അത് വേദാദികളുടെ അർത്ഥജ്ഞാൻ ഋഗ്വേദം തുടങ്ങിയുടെ അർത്ഥജ്ഞാന അപ്പോൾ യഥാർത്ഥമായ ജ്ഞാനം അത് ധ്യാനത്തിന് കാരണം എന്ന് വെച്ചാൽ ആ ജ്ഞാനം ആ ജ്ഞാനത്തിനുള്ള ഏകാഗ്രത അത് ധ്യാനമായി അതിന്റെ ഫലത്തെയാണ് പറയുന്നത് സാക്ഷാത്കാരമെന്നോ ബോധോതയെന്നോ ഒക്കെ പറയുന്നത് ഇതെല്ലാം ഞാനും തന്നെയാണ് ധ്യാനവും ഞാനും തന്നെയാണ് അതിന് കാരണമായിരിക്കുന്നതും ജ്ഞാനം തന്നെയാണ് എല്ലാ ജീവനും സ്വാഭാവികമായി തന്നെ ആത്മജ്ഞാനം ഇരുന്നിട്ടും അത് ധ്യാനത്തിന് ഉപകരിക്കുന്നില്ല അവരുടെ അന്ധകരണത്തിന്റെ ഏകാഗ്രതയ്ക്കും മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ഉപകരിക്കുന്നില്ല അപ്പം അവിടെ വിശേഷിച്ചുള്ള ജ്ഞാനങ്ങൾ ശാസ്ത്രത്തിൽ നിന്നുള്ള ജ്ഞാനങ്ങൾ അതിനവിടെ വിജ്ഞാനം എന്ന് പറയുന്നു അർത്ഥം ഞാൻ ആ വിജ്ഞാനം ത്തിലുള്ള നിഷ്ഠ ഏകാഗ്രത അത് ധ്യാനമായി അതിൻ്റെ ഫലമായി എൻ്റെ സാക്ഷാത്കാരം അതുകൊണ്ട് ധ്യാനമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ധ്യാനത്തെക്കാൾ വിശിഷ്ടമാണ് ജ്ഞാനം എന്ന് പറയാം അല്ലെങ്കിൽ ധ്യാനത്തെക്കാൾ കൂടുതലായി അറിയേണ്ട ഒന്നാണ് വിജ്ഞാനം എന്നും പറയാം വൈശിഷ്ട്യം മഹത്വം എന്ന് പറഞ്ഞാൽ രണ്ടിനും ശാസ്ത്രാർത്ഥ ജ്ഞാനമുണ്ട് പക്ഷേ ധ്യാനമില്ലെങ്കിൽ പ്രയോജനമില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവിടെ മഹത്വം ധ്യാനത്തിന് തന്നെയാണ് പക്ഷെ ധ്യാനമുണ്ട് ശാസ്ത്രജ്ഞാനമില്ല എന്നു കഴിഞ്ഞാൽ അതുകൊണ്ടും പ്രയോജനമില്ല ബാഡുടെ മഹത്വേതിനായി ശാസ്ത്രാർത്ഥജ്ഞാനായി ഇത് പരസ്പര അപേക്ഷിതമാണ് അപ്പൊ ഒന്നിനെക്കാളും ഏതാണോ ശ്രേഷ്ഠമെന്ന് പറയാൻ കഴിയത്തില്ല ജ്ഞാനം കൂടാതെ ഒരാൾക്ക് ധ്യാനിക്കാം പറഞ്ഞല്ലോ ധ്യാനം ഏതു വിഷയത്തിനുമാകാം ഏകാഗ്രത ഏതിന് സംഭവിക്കും അതിന് ജ്ഞാനം വേണോന്നൊന്നുമില്ല ഭൗതികമോ ലവ്യമോ ആത്മാവോ അനാത്മാവോ ഏതിനും ധ്യാനിക്കും പക്ഷെ അത് അതാണ് ഇവിടുത്തെ അതിനെ മനസ്സി വെച്ചുകൊണ്ടുവേണം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിന്തിക്ക ഇതിൽ ശോഖം നിവർത്തിക്ക് എങ്ങനെ ഉപകരിക്കുന്നു ദുഃഖം നിവർത്തിക്ക് എങ്ങനെ ഉപകരിക്കും അത് ഒരു ധ്യാനമുണ്ട് അതെ നമ്മൾ കാണാറുണ്ട് ധ്യാനിക്കുന്നവരെയും ദുഃഖിക്കുന്നു ധ്യാനം ഫലം ചെയ്യുന്നില്ല ധ്യാനം ദുഃഖം നിവർത്തിക്ക് അപ്പൊ അത് ദുഃഖ നിവൃത്തി ഉപകരിക്കത്തക്ക രീതിയിൽ ആ ധ്യാനത്തെ മാറ്റുന്ന ഒരു ജ്ഞാനം വേണം ഇത് പ്രാമാണികമായ ശാസ്ത്രത്തിൽ നിന്നുള്ള ജ്ഞാനം അതിലൊന്ന് ശരിയായ ധ്യാനം വേണം അതുകൊണ്ട് പറഞ്ഞു ജ്ഞാനം ധ്യാന കാരണം വിവേകത്തോടു കൂടി ധ്യാനിക്കുക അതിലും എന്തുണ്ട് ഇത് ഒരു തുടർച്ചയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അതിൽ നിന്നും വേറെ ഒന്നിലേക്ക് പോവുകയാണ് ഇവിടെ അങ്ങനെയല്ല രണ്ടല്ല വിജ്ഞാനം ഒന്ന് അതിൽ നിന്നും പിന്നെ വേറെ ഒരു ധ്യാനം മൂന്നിൽ നിന്നൊരു സാക്ഷാത്കാരം അങ്ങനെയല്ല മൂന്നാമതായിട്ട് ഇതെല്ലാം തുടർച്ചയാണ് അത് വെളിച്ചം മങ്ങിയിരുന്നാലും തെളിഞ്ഞിരുന്നാലും അത് വെളിച്ചം തന്നെ വെളിച്ചം എന്നുള്ളതിലൊക്കെയാണ് മാറ്റം ഒന്നും ചിലപ്പോൾ അത് മങ്ങിയിരിക്കും ചിലപ്പോൾ കൂടുതൽ പ്രകാശിക്കും അത് വെളിച്ചം തന്നെയാണ് പ്രകാശത്തിൽ വ്യത്യാസം ഒന്നാണ് ആ വ്യത്യാസമുള്ള വിജ്ഞാനത്തിനും ധ്യാനത്തിനും സാക്ഷാത്കാരത്തിനും എല്ലാം ഇനി വിജ്ഞാനത്തിന് മുമ്പുള്ള സാമാന്യം ഞാൻ സർവപ്രാണികളിൽ ഇരിക്കുന്ന ആ സാമാന്യം ഞാൻ അതിലുള്ള ദോഷങ്ങൾ പരിഹരിക്കുമ്പോഴാണ് അത് വിജ്ഞാനമായി മാറുന്നത് അത് പ്രാമാണികമാകുമ്പോൾ ആ വിജ്ഞാനത്തിന്റെ തന്നെ തെളിച്ചം വിശുദ്ധി അതാണ് ധ്യാനം അവിടെയും അതേ വിജ്ഞാനം തന്നെ പ്രവർത്തിക്കുന്നു ഒരേ ഒരു വിജ്ഞാനത്തിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിജ്ഞാനത്തിൽ സർവമറകളും മാറുമ്പോ എല്ലാ കറികളും മാറുമ്പോ അതെ സാക്ഷാത്കാരം ഇതിനുള്ള ഓരോ ഉപാധികളുണ്ട് ഇതിനുള്ള ഈ ആഭരണത്തിന്റെ ഉപാധികളുണ്ട് ഇതിന് മൂന്ന് പേര് പറയുന്ന സർവ്വസാധാരണമായിരിക്കുന്ന ജ്ഞാനം അതുപോലെ അദ്വൈതമൊന്നും കഴിഞ്ഞില്ല അദ്വൈതത്തിൽ ഒന്നേ ഉള്ളൂ ഭേദം വരുന്നതിന്റെ ഉപാധികൾ ഉണ്ടാകുന്ന ഭേദമാണ് ഇവിടെ വരുന്ന ഭേദം വരുത്തുന്ന എന്താണ് ഈ അജ്ഞാന താരതമ്യം അജ്ഞാനത്തിൽ വരുന്ന താരതമ്യം സർവപ്രാണി സാധാരണമായിരിക്കുന്ന ജ്ഞാനം അതിൽ അജ്ഞാനം അധികരിച്ചിരിക്കുന്നു ശാസ്ത്രജന്യമായ അജ്ഞാനമാകുമ്പോ അവിടെ അജ്ഞാനം കുറയും താരതമ്യം അത് ധ്യാനാത്മകമാവുമ്പോൾ വീണ്ടും അവിടെ അജ്ഞാനം ലഘൂകരിക്കുന്നു സാക്ഷാത്കാരം നിറയുമ്പോൾ അവിടെ നിശേഷമായി ഇല്ലാതാകുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്നു ധ്യാനകാരണമാണ് വിജ്ഞാനം അതുമാത്രമല്ല കാര്യകാരണങ്ങൾ ഏക സ്വഭാവത്തിലായിരിക്കും സമ്മാന സ്വഭാവത്തിലായിരിക്കും മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കിയാൽ അത് മണ്ണ് തന്നെ ഒന്നിനു കാരണമെന്ന് പറഞ്ഞാൽ അതന്നെയാണ് പക്ഷെ കാര്യത്തിനും കാരണത്തിനും ചിലപ്പോൾ ശ്രേഷ്ഠ അല്ലെങ്കിൽ ചില വ്യത്യാസമുണ്ടാവും കാരണം ശ്രേഷ്ഠമാണ് കാര്യം ശ്രേഷ്ഠമല്ല എന്ന് പറയാൻ പറ്റത്തില്ല അത് രണ്ടു തരത്തിലും വരാം ചിലപ്പോൾ കാരണം ശ്രേഷ്ഠമായിരിക്കും ചിലപ്പോൾ കാര്യം ശ്രേഷ്ഠമായിരിക്കും ഏതാണ് ശ്രേഷ്ഠമൊന്നും നിർണ്ണയിക്കാൻ പറ്റത്തില്ല പിതാവ് ചിലപ്പോൾ ശ്രേഷ്ഠനായിരിക്കും ചിലപ്പോൾ പുത്രനായിരിക്കും ശ്രേഷ്ഠ തിരിച്ചും വരാൻ പുത്രൻ ശ്രേഷ്ഠനായിരിക്കും ചിലപ്പോൾ പിതാവിനാ ശ്രേഷ്ഠത കാണത്തില്ല അതുകൊണ്ടാണ് ഭൂയ്യ എന്ന് പറയുന്നത് സർവത്ര ശ്രേഷ്ഠത എന്നുള്ള അർത്ഥം സ്വീകരിക്കാൻ പറ്റില്ല ഏത് ശ്രേഷ്ഠമൊന്നും നിർണ്ണയിക്കാൻ പറ്റത്തില്ല അത അതിന്റെ എന്നാൽ ഒന്നിൽ അവസാനിക്കുന്നതെല്ലാം ആവശ്യമാണ് എല്ലാത്തിനും സ്ഥാനമുണ്ട് ശോകനിവർത്തിക്കുള്ള ഉപായങ്ങളെന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ് അതുകൊണ്ട് പറയുന്നു ഇവിടെ ഇന്ന് പറഞ്ഞതുപോലെ ധ്യാനിക്കാനുള്ള പറയുന്നത് ധ്യാനത്തെ ഉപാസിക്കുക സർവത്ര ഉപാസനക്ക് ഫലമുണ്ട് ചിലടത്ത് ഫലം ദുഷ്ടമായി പലപ്പോഴും ഫലം അദിഷ്ടമായി എല്ലാത്തിനും ഉപാസന വേദത്തിലെല്ലാത്തിനും പറയും ചക്ഷുഷൻ ഭവതി നിനക്ക് നല്ല കാഴ്ച വേണമെങ്കിൽ ഉപാസിക്കാൻ പറയും അതോടെ ഫലം ഉപാസനം ദുഷ്ടമായി മരണാനന്തരം ഫലത്തിനുവേണ്ടി ഉപാസിക്കാൻ പറഞ്ഞാലത് ഫലണ്യഗർഭപ്രാപ്തി അതിനുവേണ്ടി ഉപാസിക്കാൻ പറഞ്ഞു അത് മരണശേഷം പ്രാപ്തമാകുന്നതാണ് അത് ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല എന്താ ഇവിടെ ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ദുഷ്ടഫലമാണ് പ്രത്യക്ഷ ഫലം എന്താണ് ശോകം നിവൃത്തി ദുഷ്ടഫലമാണ് പക്ഷെ അത് ഉപാസനയിലൂടെ മാത്രം സംഭവിക്കത്തില്ല തത്വജ്ഞാനത്തിലെ സംഭവിക്കുക അതാണ് ഈ ഉപാസനകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ അവസാനം തത്വത്തെ വിശദീകരിക്കുന്നു ഭൂമ ആത്മാവൻ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് അതിന്റെ ഉപായം എന്നുള്ള നിലയ്ക്ക് ഇത് ഓരോന്ന് ശ്രേഷ്ഠ ഏതാണ് മുഖ്യമെന്ന് പറയാൻ പറ്റില്ല ഇതെല്ലാം കൂടിച്ചേര് ധ്യാന കാരണമാണ് വിജ്ഞാനം ബോധം ശരിയായ അവബോധം എന്താ വിജ്ഞാനത്ത് ഉപാസിക്കുക എന്താണ് വിജ്ഞാനം അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ആണ് അതിന് ഉപാസിക്കുന്നത് ഫലം വേണോണ്ടോ ദുഷ്ടമായ ഫലം എന്താണ് വിജ്ഞാനം എന്നറിയുന്നത് അത് ഭാഷകാരം തന്നെ പറയുന്നു പ്രാമാണികമായ അറിവ് വിജ്ഞാനം പ്രാമാണികമായ അറിവിന് വാസി എന്തെങ്കിലും ജ്ഞാനത്തിൽ സ്വീകരിച്ചിട്ട് ധ്യാനിച്ച പോരാ അപ്പോൾ ധ്യാനത്തിൽ വഴിതെറ്റുന്നത് അങ്ങനെയാണ് ഒരാൾക്ക് ധ്യാനിക്കണമെന്ന് ഉണ്ടെങ്കിൽ എന്തിനേയും മനസ്സ് ഏതിൽ മുഴുകുന്നു അത് തന്നെ ധ്യാനം അവിടെ ഏകാഗ്രത വന്നു കഴിഞ്ഞു പക്ഷേ എന്തിനെങ്കിലും മനസ്സ് മുഴുകിയാൽ അത് സുഖ നിവൃത്തിക്ക് ഉപകരിക്കത്തില്ല അതുകൊണ്ട് പ്രാമാണികമായി ഞാൻ ക്രസീകരിക്കും ാത്തിയന്തികമായി ആത്മാവിലാണ് ധ്യാനം സംഭവിക്കേണ്ടത് ആത്മവിഷയകമായിട്ടാണ് അതും ആത്മാവിന്റെ യഥാർത്ഥ രൂപത്തിൽ ശരിയായ രൂപത്തിൽ ആ വിജ്ഞാനം അത് ധ്യാനത്തിന് കാരണമാണ് തഥാത്തൊരു വേദം വിജ്ഞാനത്തിന് മഹത്വമുണ്ട് ധ്യാന കാരണമായിരിക്കുന്ന വിജ്ഞാനത്തിന്റെ മഹത്വം എന്താണ് ധർമ്മധർമോ ശാസ്ത്രസിദ്ധോ അസാധുനി ലോകതാദിഷ്ട നല്ലതിൽ ചീത്തയും നന്മയും തിന്മയും ശരിയും തെറ്റും ലോകത്ത ലോക വ്യവഹാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിനെ അംഗീകരിക്കുന്നു ഈ ശാസ്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാല് ഏതിനും ശാസ്ത്രം കൂടിയ ജീവിതത്തിൽ ഒന്നുമില്ല ധർമാധർമ്മങ്ങൾ അറിയാനും ശരീരം അറിയാനും ലോകത്ത പറയുന്നു വ്യവഹാരത്തിൽ നിന്നും സമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ശരിയും അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോ ശാസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നും വരും ഏതിന് ശാസ്ത്രശാസ്ത്രമൊന്നും ഇങ്ങനെ മറവിളിക്കേണ്ട കാര്യൊന്നുമില്ല കാരണം ശാസ്ത്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതെല്ലാം വ്യവഹാരത്തിൽ ഒന്നാണ് ലോക വ്യവഹാരത്തിൽ സമൂഹത്തിന്റെ നിന്നും മനുഷ്യൻ വ്യവഹാര പരിചയം കൊണ്ട് എന്നത് ശരിയാണ് എന്നത് തെറ്റാണ് ഇന്ന് ധർമ്മമാണ് എന്നത് അധർമ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ശാസ്ത്രത്തെ സൃഷ്ടിക്കുന്നു സ്മൃതികൾ അതടുത്ത് പറഞ്ഞ സ്മാർത്തേ സ്മൃതികൾ ഉണ്ടാകുന്നു ഇന്നത് ധർമ്മമാണ് എന്നത് അധർമ്മമാണ് അറിവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു അന്യനെ ദ്രോഹിക്കരുത് ഇത് ലോക ലോകവ്യവഹാരം കൊണ്ടറിയുന്നതാണ് എന്തുകൊണ്ടാണ് തനിക്ക് തന്നെ ദ്രോഹിക്കുമ്പോൾ അത് തനിക്ക് ദുഃഖത്തിന് കാരണമാണ് മറ്റു ഒരുവനെ ദ്രോഹിച്ചാൽ അത് ദുഃഖത്തിന് കാരണമായി തീരും ഇത് ലോകത കൊണ്ട് ദ്രോഹിക്കാൻ പാടില്ല ഇത് പിന്നെ ശാസ്ത്രമാകുന്നു സ്മാർത്ഥം നിയമമാകുന്നു ഇത് സാമാന്യമായ അറിവ് പരദ്രോഹം പാടില്ല ഹിംസ പാടില്ല പിന്നെ അത് സ്മാർത്ഥമാക്കുന്നതിന് നിയമമാക്കാൻ വേണ്ടി ഇതെല്ലാവരും ഇത് പാലിക്കണം അതിനു വേണ്ടിയിട്ടാണ് അതിനെ സ്മാർത്ഥമാക്കുന്നത് മനുഷ്യന് വ്യവഹാരത്തിൽ തന്നെ ഇതറിയാം ശാസ്ത്രം പഠിക്കാതെ തന്നെ അറിയാം അതൊരു നിയമമായി സ്വയം പാലിക്കുന്നതിന് ഉള്ള വ്യവസ്ഥയാണ് സ്മാർത്ഥം അല്ലെങ്കിൽ അറിഞ്ഞാലും അതുപോലെ പ്രവർത്തിക്കണമെന്നില്ല അങ്ങനെ ചെയ്തേ തീരൂ എന്ന് പറയുകയാണ് സ്മൃതി സ്മൃതി എന്നുള്ള ജ്ഞാനം നിയമം അതാണ് സ്മാരത് അത് അറിവിനും ആചാരത്തിനും നിയമം അനുശാസിക്കുന്നതാണ് സ്മാർത്വം അറിവും ആചാരവും ലോകത്തിൽ നിന്ന് തന്നെ അതുകൊണ്ട് രണ്ടിനെയും ഭാഷകാരം പറയും ലോകത്ത ചിലടടുത്ത് പറയും ലോകത്ത ലോകത്തിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ ശാസ്ത്രം കൂടിയ തീരുന്നൊന്നുമല്ല അതാണ് ശാസ്ത്രബോധമൊന്നുമില്ലാത്തവരും പലപ്പോഴും ശാസ്ത്രബോധമുള്ളവരെക്കാളും ധാർമ്മികമായും മര്യാദയ്ക്കും ഒക്കെ ജീവിക്കും ശാസ്ത്രബോധമുള്ളവർ ചിലപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാതെയും വരും അതുകൊണ്ട് സത്വസാദി നന്മ തിന്മകൾ രണ്ടും കൊണ്ടും വ്യവഹാരത്തിൽ നിന്ന് പിന്നെ ഒരു നിയമപൂർവ്വമായി മനസ്സിലാക്കുന്നു പക്ഷേ വ്യവഹാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെ അദൃഷ്ടവിഷയെന്ന് പറയുന്നു സ്വർഗം പോലുള്ള കാര്യങ്ങൾ പുണ്യം പോലുള്ള കാര്യങ്ങൾ ഇത് ശാസ്ത്രത്തിനെ മനസ്സിലാക്കാൻ പറ്റും അത് ലോക വ്യവഹാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവിടെ മാത്രമാണ് വാസ്തവത്തിൽ ശാസ്ത്രത്തിന് ഒഴിച്ചുകൂടാൻ മയ്യാതെ വരുന്നത് ബാക്കിയുള്ള അടുത്ത് വ്യവഹാരം മതി സർവം ഇതെന്തായാലും ശരി പറഞ്ഞു ലോകവ്യവഹാരമായാലും ശരി സ്മൃതിയായാലും ശരി ശ്രുതി ആയാലും ശരി ദുഷ്ടമായാലും ശരി അധിഷ്ടമായാലും ശരി സർവെന്താണ് വിജ്ഞാനത്തിലൂടെ അതിനറിയുന്നു വിജ്ഞാനത്തിലൂടെ അറിയുന്നു പറയുന്നു അറിയുന്നതിനുള്ള ഉപായവും വിജ്ഞാനം തന്നെ ആറിവും വിജ്ഞാനം തന്നെ നമ്മൾ പറയാറില്ലേ ബുദ്ധിയോണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോലെ പറയുന്നു ബുദ്ധിയും ഗ്രഹണവും രണ്ടും ഒന്ന് തന്നെ എന്നാലും പറയുന്നതാണ് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു ഗ്രഹിച്ചാൽ അത് ബുദ്ധിയായി പിന്നെ ബുദ്ധിയും ഗ്രഹണവും രണ്ടാകത്തില്ല ഒന്ന് തന്നെ ആത്യന്തികമായി ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള അറിവ് ഈ അറിവ് ആത്മാവിനെ കുറിച്ചായി കഴിഞ്ഞാൽ അത് ദുഃഖം ഇവിടെ െ സംബന്ധിച്ചിടത്തോളം ഈ അറിവുകളെല്ലാം ഉണ്ട് എല്ലാവരും യൂസ് മാർത്തവുമായിട്ടുള്ള എല്ലാ അറിവുകളും പക്ഷെ അത് ദുഃഖ നിവൃത്തിക്ക് ഉപകരിച്ചില്ല അപ്പൊ അത് ദുഃഖ നിവൃത്തിക്ക് ഉപകരിക്കക്കതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് തസ്മദിക്തം ധ്യാന വിജ്ഞാനസി ഭൂയസ്വം അതുകൊണ്ട് ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം അല്ലെങ്കിൽ ധ്യാനത്തിനു അപ്പുറമാണ് വിജ്ഞാനം അല്ലെങ്കിൽ ധ്യാനത്തിനും കാരണമായിരിക്കുന്നതാണ് വിജ്ഞാനം അപ്പം മനസ്സിലാക്കിയാൽ വിജ്ഞാനത്തെ കൂടി മനസ്സിലാക്കണം വിജ്ഞാനത്തിലൂടെ ധ്യാനത്തിലെത്തണം വിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് ധ്യാനം ധ്യാനത്തിന്റെ പൂർണ്ണതയാണ് സാക്ഷാത്കാരം അങ്ങനെ പറയുന്നു അതോ വിജ്ഞാനോപാസുക അതുകൊണ്ട് വിജ്ഞാനത്തെ ഉപാസിക്കുക വിജ്ഞാനത്തെ ധ്യാനിക്കുക അവിടെയും ധ്യാനം വേണം വിജ്ഞാനത്തെ സ്വായത്തമാക്കണമെങ്കിലും ധ്യാനം വേണം അതുകൊണ്ടാണ് ഉപാസിക്കുക എന്ന് വെച്ചാൽ ധ്യാനിക്കാന്ന് വിജ്ഞാനത്തെ എന്തിനുപാസിക്കുന്നു ത്തിന് വേണ്ടി ധ്യാനം എന്ന് പറയുന്നത് എന്താണ് അത് സ്വയം ഉപാസനയാണ് പറഞ്ഞല്ലോ ഇതിന്റെ പരസ്പര ബന്ധം ഏത് ശ്രേഷ്ഠം ഏത് നികിഷ്ടം നിശ്ചയിക്കാൻ പറ്റത്തില്ല വിജ്ഞാനം ധ്യാനത്തിലൂടെ പ്രാപിക്കാൻ പറ്റും എന്തിനു വിജ്ഞാനത്തെ പ്രാപിക്കുന്നു ധ്യാനത്തിന് വേണ്ടി അതാണ് അപ്പൊ സർവത്ര വിജ്ഞാനവും ആവശ്യമാണ് സർവത്ര ധ്യാനവും ആവശ്യമാണ് രണ്ടു കൂടെ കൂടി ചേരുമ്പോ എന്താണ് ധ്യാനാത്മകമായ വിജ്ഞാനം ധ്യാനരൂപത്തിലുള്ള വിജ്ഞാനം അതാണ് ശുഗ നിവൃത്തിക്ക് ഉപകരിക്കുന്നത് വിജ്ഞാനത്തിന്റെ വിശേഷത പറയാണ് സർവത്തിനും കാരണമായിരിക്കുന്ന വിജ്ഞാനമാണ് സർവത്തെ അറിഞ്ഞത് ആ ആ വിജ്ഞാനത്തിന്റെ ശുദ്ധി അതാണ് വേണ്ടത് സനുപാസന ഫലം വിജ്ഞാനമത്തോ വിജ്ഞാനം യേശു ലോകേശു താൻ വിജ്ഞാനമത് ലോകാൻ ജ്ഞാനവകശ്ശ അഭിസിദ്ധ്യതി അഭിപ്രാപനമതി അത് ബാക്കി ഫലങ്ങളെല്ലാം എല്ലായിടത്തും തന്നെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളുമെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ദണപൃഥി വായുചാകാശം ചാശ്ച തേജംശു മനുഷ്യംശൂസ വയാസിനസ് സത്യം ചൃതഞ്ച് സാധു ഹൃദയം വിജ്ഞാനം കൊണ്ട് അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിജ്ഞാനത്തിന്റെ വിപുലത മനസ്സിലാകത്തില്ല വിജ്ഞാനത്തിന്റെ വൈഫുല്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തു പറയുന്നത് എന്താ ഇത്രയും പറയുന്നത് ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി പറയുന്നില്ല എന്താ ഇത് രണ്ടു കൂടി ചേർത്ത് കൂടി ഇതിൽ രണ്ട് കുറഞ്ഞാൽ എന്താ എന്നൊക്കെ ഈ പറയുന്നതിനെന്താ നിയമം ഇത്രയും പറയുന്നതിനെ പ്രത്യേകിച്ച് നിയമമുണ്ടോ എന്നും കൂടുതൽ പറയാമോട്ടോ പൃഥ്വീജ വായുജോ ആകാശ ആപസ്സ തേജസ് പഞ്ചഭൂതങ്ങളെയും പറഞ്ഞപ്പോ തന്നെ എന്താ വന്നിട്ട് ദേവാംശ മനുഷ്യാംശ പശുശ വയാംശജ പശു പക്ഷികൾ ദേവമനുഷ്യന്മാരെന്ന് പറഞ്ഞപ്പോൾ തന്നെ സർവീണ്ടും പറയും തൃണവനസ്പതി വിജ്ഞാനത്തിന്റെ ആ വിപുലതയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടു അതാണ് ഇതിന്റെ എടുത്തെടുത്ത് പറയുന്നത് അതെത്ര വിപുലമാണ് എത്രമാത്രം വിപുലമാണ് അത് ഉൾക്കൊള്ളുന്നത് വിപുലം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നാനാത്വത്തെ പൂർണ്ണമായും ആ പ്രപഞ്ചം നാനാത്വത്തെ ബോധിപ്പിക്കാനാണ് ഇമംച ലോകം അമുംച്ച ഈ ലോകവും പരലോകവും അറിയുന്നതും അറിയാത്തതും ദുഷ്ടം ച അധിഷ്ഠ സർവത്തിനും അത്രയും വിപുലമാണ് ആ വിജ്ഞാനം വിജ്ഞാനം സർവത്രയും പറയാറില്ല ഈ ബുദ്ധി അല്ല ഈ ബുദ്ധി ഇല്ല എല്ലാ ഈ ബുദ്ധിക്ക് അധീനമാണ് ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഗുരുവിനെ എല്ലാം പറയുന്നതും തീരുമാനിക്കുന്നതും ഇത് ശരി ഇത് തെറ്റ് ഇത് മോക്ഷം ഇത് ബന്ധനം എന്നെല്ലാം തീരുമാനിക്കുന്ന ഇവിടെ കേവലം ബുദ്ധിയാണ് ബുദ്ധി ആശ്രയിച്ചതെല്ലാം ബുദ്ധി പ്രവർത്തിക്കുന്നില്ല പിന്നെ ഇതിനൊന്നും യാതൊരു സ്ഥാനമില്ല സുശക്തിയില്ല അവിടെയാതും പ്രവർത്തിക്കുന്നില്ല അവിടെ ഇതിനൊന്നും ഒരു ബന്ധമോക്ഷം നിൽക്കുന്നവിടെ ഒരു വിലയും ഇത് സർവ്വതും ആശ്രയിച്ചു നീക്കുന്നത് കേവലമായ ഈ വിജ്ഞാനത്തെയാണ് അപ്പം ആ വിജ്ഞാനത്തിന്റെ വിപുലത ഈ പ്രപഞ്ച വൈകുല്യതകൾ എത്രയോ വലുതാണ് ആശ്രയിച്ചിട്ടുണ്ട് ഈ എല്ലാ അഭ്യാസങ്ങളും കാണിക്കുന്നു ആ ബുദ്ധി അപേക്ഷിച്ചതൊക്കെ എത്രയോ തുച്ഛമാണ് കാരണം ഇതിനെല്ലാത്തിനും ഉൾക്കൊള്ളാനുള്ള ശേഷിയ ബുദ്ധിക്കുണ്ട് എന്നിങ്ങനെ ആ വിജ്ഞാനത്തിന്റെ മഹത്വത്തെ കാണിക്കുകയാണ് വിജ്ഞാനത്തെ ധ്യാനിക്കുക വിജ്ഞാനത്തില് ഏകാഗ്രമാകുക ആ ഏകാഗ്രതയിലൂടെ വിജ്ഞാനത്തെ വിശുദ്ധമാക്കുക അതിലൂടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക ഇതിങ്ങനെ പാരസ്പര്യത്തിൽ പോകുന്ന കാര്യങ്ങൾ വിജ്ഞാനത്തിന്റെ ഫലം മറ്റ് സ്വയോ വിജ്ഞാനം ബ്രഹ്മ വിജ്ഞാനോ ലോകീ യജ്ഞം തത്രാസ്യ യഥാകാമി ആ വിജ്ഞാനത്തിന്റെ ലോകം അവന്റെ ലോകമായി മാറുന്നു വിജ്ഞാനുള്ളവനെ പറയുന്നു അവൻ വിജ്ഞാനിയാണ് വിജ്ഞാനം എത്തിയെടുത്ത അവനെത്തി എല്ലാം പറയുന്നതിന്റെ താല്പര്യം അതാണ് അവൻ സ്വയം വിജ്ഞാനമയനായിത്തീരുന്നു വിജ്ഞാനത്തിന് അധീനമാണ് സർവുമെങ്കിൽ ബുദ്ധിക്ക് അധീനമാണ് സർവുമെങ്കിൽ പറയുന്നു യാവ് വിജ്ഞാന ഗതം തത്ര സി യഥാക്കാമറ്റുഭവം വിജ്ഞാനം എത്തിയിടത്തേണ്ട അവനും എത്തിയിരിക്കുന്നു കാരണം അവൻ വിജ്ഞാനസ്വരൂപനാണ് എത്തുക എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം അതാണ് സ്നുഹാസന ഫലം വിജ്ഞാനപത് വിജ്ഞാനോ യേശു ലോകാൻ ജ്ഞാനപഥശ്ശഭിസിദ്ധ്യത അവിജ്ഞാനി വിജ്ഞാനം എത്തുന്നിടത്തല്ല എത്തുന്നു വിജ്ഞാനത്തിലൂടെ സർവത്തെയും ഗ്രഹിക്കുന്നു സർവത്തെയും വിജ്ഞാനമയുമായി അവൻ സ്വയം വിജ്ഞാനസ്വരൂപനായിരിക്കുന്നു അന്യവിഷയം നൈപുണ്യം ഇതെല്ലാം എല്ലാത്തിനും യുദ്ധം ലോകാന്ത പ്രാപ്തി നോ തീദ്യം അവൻ വിജ്ഞാനസ്വരൂപനായി വിജ്ഞാനമയനായി സർവഫലങ്ങളെയും പ്രാപിക്കുന്നു പ്രാപ്തി ആപ്തി എന്ന് പറയുന്നത് പരമാർത്ഥപ്രാപ്തി എന്ന് പറയുന്നത് വിജ്ഞാനത്തിലൂടെയുള്ള പ്രാപ്തിയാണ് എവിടെ ഒരാളിവിടെ നിന്ന് ഹിമാലയത്തിൽ പോകും അവർ ഞാൻ ഇവിടെ നിന്ന് ഹിമാലയം വരെ പോയി ഹിമാലയപ്രാപ്തി ഗമനത്തിലൂടെയുള്ള പ്രാപ്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹിമാലയത്തിൽ പ്രാപിച്ചത് ഗമനത്തിലൂടെയല്ല വിജ്ഞാനത്തിലൂടെയാണ് ഗമനം കേവലം ഒരു മാത്രം ഇവിടെ വിജ്ഞാനമുണ്ട് വിജ്ഞാനത്തിലൂടെ ഈ ലോകത്തെ പ്രാപിച്ചു ഈ ദേശത്തെ പ്രാപിച്ചിട്ടില്ല ഹിമാലയത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഹിമാലയത്തെക്കുറിച്ചുള്ള വിജ്ഞാനം അതാണ് ഹിമാലയപ്രാപ്തി അവിടെ ചെന്നിട്ട് ഉറങ്ങിയ പിന്നെ ഹിമാലയം ഉണ്ടാവും അപ്പോൾ ഹിമാലയത്തെ പ്രാപിച്ചിങ്ങനെ വിജ്ഞാനത്തിലൂടെയാണ് ഇവിടെ ഏത് വിജ്ഞാനമാണോ ഈ ദേശത്തോ പ്രാപിച്ചത് ആ വിജ്ഞാനം തന്നെ അവിടെ ഹിമാലയത്തെയും പ്രാപിച്ചു അപ്പോൾ പ്രാപിച്ചത് ഗമനമല്ല വിജ്ഞാനമാണ് ഇതുപോലെ സർവ്വ വിഷയത്തിൽ കാലദേശങ്ങളിലൂടെയാണ് പ്രാപ്തി ഇന്നലെ പ്രാപിക്കാത്തതിനെ ഇന്ന് പ്രാപിച്ചു എന്നെല്ലാം പറയുന്നത് കാലത്തിലൂടെയുള്ള പ്രാപ്തി ഇതെല്ലാം വിജ്ഞാനത്തിലൂടെയാണ് വിജ്ഞാനവാൻ ആയി ഒരു ജീവൻ സർവത്തെയും പ്രാപിക്കുന്നു പ്രാപിക്കുക എന്ന് പറഞ്ഞ എന്താ ആപ്തി ഗ്രഹണം സർവത്തെയും ഗ്രഹിക്കുന്നു അതുകൊണ്ട് പറയുന്നു വിജ്ഞാനം എത്തുന്നിടത്തെല്ലാം അവനും എത്തുന്നു അത് ശരിയാണല്ലോ ഹിമാലയത്തെ എങ്ങനെ ഗ്രഹിച്ചു ഉപഗ്രഹിച്ചതിനോടെ ഇത്തരത്തിൽ മനസ്സിലാക്കണം വിജ്ഞാനത്തിന്റെ മഹത്വത്തെ ശരി ഇനി വിജ്ഞാനത്തിന് വിജ്ഞാനമാണെന്ന് മനസ്സിലായി ധ്യാനവും വിജ്ഞാനവും തമ്മിലുള്ള ബന്ധം മനസ്സിലായി ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി മറ്റെന്തെങ്കിലും ഉപാസിക്കേണ്ടതുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഇത്രയും മതി ഉപാസനം മുമ്പ് തന്നെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചും അടുത്തിരിക്കുന്ന ആളാണ് നാരദം നാരദിനൊടിങ്ങുന്ന ഉപാസനകളെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ അത് കേട്ടും മടുക്കും നിർത്താറായി ഇനിയുണ്ടോ ആ അർത്ഥത്തിലാണ് വിജ്ഞാനാദ് വിജ്ഞാദ് ഭൂയോ അസ്തിരായിട്ടില്ല ഇനി ഉണ്ട് തന്മേ ഭവാൻ ബ്രവീത്ത അപ്പഹം വിജ്ഞാനവേകോ ബലവാൻ അകമ്പയത്തെ സലീഭവേ അഥോത്ഥത ചരിപ്പസത് ഉസീദ ബലേനന്തരിലേന ദോർബല പവത ബലേന ദിവമനുഷ്യ ബലേന പശവ് മയാസി ചനസ്പതയ ശീട പതീലി ബലേന ലോകത്തിൽ വിജ്ഞാഭു ബലം വേണുർ ബലമിത്തി ബലമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ധരിച്ചുള്ള തെറ്റിദ്ധരിക്കരുത് അന്ന ഉപയോഗ ജനിതം മനസ്സോ വിജ്ഞയെ പ്രതിഭാന സാമർഥ്യം അന്ന ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന മനസ്സിന്റെ വിജ്ഞയെ പ്രതിഭാന സാമർഥ്യം അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള സാമർഥ്യം അന്നബലം തന്നെ ഇവിടെ പറയുന്നു നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ധ്യാനത്തിന് വിവേകം വേണം വിവേകത്തിന് ബലം വേണം ബലത്തിന് നെയ്യ് ഞാൻ പലവളിയും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുമോ എന്റെ സ്വന്ത അഭിപ്രായം പറയണം ഇവിടെ വ്യക്തമായി ഇവിടെ പറയുന്നു ശാസ്ത്ര പ്രമാണം ബലമിത്തി അന്നം ശരിയായ രീതി തന്നെ നല്ല ഭക്ഷണം കഴിക്കണം അതുകൊണ്ടുണ്ടാകുന്ന ബലം അത് ശരീരത്തിന് വേണം എന്നാലേ മനസ്സിനുണ്ടാവത്തുള്ളൂ ഇതും ഒരു വലിയ ധാരണയാണ് ഭക്ഷണി കിടന്നാലേ ധ്യാനിക്കാൻ പറ്റും ഇങ്ങനെ വെളർ വെളുത്തൊക്കെ എത്തും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ വലിയ യോഗിയാണ് എന്ന് കരുതി അതായത് അമിതമായി പാടില്ല എന്ന് പറയുന്നത് ആവശ്യത്തിനും പാടില്ല എന്നുള്ള രീതിയിൽ ധരിച്ച് ധരിച്ചു പോകും അമിതം പാടില്ല അത് ധ്യാനം പോലെയുള്ള ഇതുകൊണ്ട് അമിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത യുക്താഹാര വിഹാരസ്യ പക്ഷെ ആവശ്യത്തിന് വേണ്ടി പട്ടിണി കിടന്നാ ശരിയാവും പിത്തം കൂടിക്കഴിഞ്ഞാല് പിന്നൊന്നും നടക്കത്തില്ല അനീമിയ വന്നു കഴിഞ്ഞാൽ ശരിയാകില്ല അത് വരാൻ പാടില്ല ശരീരത്തിന് ഇതിനെല്ലാം ഇവിടെ പറയുന്ന എന്താണ് ധ്യാനം വിജ്ഞാനം രണ്ടു കാര്യങ്ങൾ ഇതിനാവശ്യമുള്ള ആരോഗ്യം നിലനിൽക്കുന്നതിനുള്ള അതിശ്രിക്കാതെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ ഈ പറയുന്ന ധ്യാനമോ വിജ്ഞാനമോ വിജ്ഞാനമില്ലാത്ത ധ്യാനം അല്ലെങ്കിൽ വിജ്ഞാനവും ധ്യാനവും രണ്ടും ആയിക്കോട്ടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദോഷങ്ങൾ വരും ബ്ലഡ് നിയമിയ വരും ജീവി പിടിപെടുന്നു പിന്നെ അതിനൊക്കെ ചികിത്സിക്കണം ഈ കഴിച്ചതിന്റെ മൂന്നിരട്ടി ആഹാരം പിന്നെ കഴിക്കും മരുന്ന് കഴിക്കുമ്പോ പിന്നെ പറയും കഴിക്കാൻ മയ്യാത്ത കഴിക്കണം മുട്ടയും പാലും ഇറച്ചിയും മത്സ്യമൊക്കെ കഴിക്കാൻ പറയും രസവും പിടികോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് കരകയറണമെങ്കിൽ ഇതൊക്കെ കഴിക്കേണ്ടി അപ്പൊ ആദ്യമേന മര്യാദയ്ക്ക് വല്ലതും കഴിച്ചിട്ട് ധ്യാനവും ഭജനവും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശല്യം ഒന്നും വരത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാനിതുവരെ പറഞ്ഞ നിങ്ങൾ ഊട്ടയ്ക്ക ഇവിടെ ഇപ്പൊ എടുക്കുക എന്താണോ അന്ന ഉപയോഗജനിതം അന്നം കൊണ്ട് ശരിയായിരിക്കുകയും നല്ല പോഷക ഉള്ള അന്നം കഴിക്കണം അത് വിട്ടിട്ട് യാതൊരു ധ്യാനവും ചെയ്തിട്ടൊരു കാര്യവുമില്ല മനസ്സോ വിദ്യ അതുകൊണ്ട് മനസ്സിന് പരം പറഞ്ഞു ഇത് മുമ്പും പറഞ്ഞു പ്രതിഭാന സാമർഥ്യം അനശന ദൃഗാദീനി നവയിഭാന്തി ഭൂ ഇതി ശ്രുതേഹേ നേരത്തെ ശ്രുതി എന്നെ പറഞ്ഞു മുമ്പ് പറഞ്ഞ കഥയിൽ പറഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്ന പറഞ്ഞു നിനക്ക് ഒരു നീ ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു നവൈഭാ പ്രതിഭാന്തി ഭോ അതെനിക്കതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല അന്നമില്ലാത്തവനെന്ത് സാധനം ചെയ്യാനാണ് പാടില്ല പക്ഷെ അതാണ് നമുക്ക് കഴിയാതെ വരുന്നത് ഒന്നുകിൽ മനുഷ്യ അങ്ങേറ്റം പോവും അല്ലെങ്കിൽ ഇങ്ങേറ്റം പോകും ഒന്നുവിലാണ് കഴിക്കാതെ പട്ടിണി കിടക്കും പട്ടിണി കിടന്ന് വെലിഞ്ഞ് രോഗിയാകും അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെ യുക്തത വരത്തിൽ അതാണ് ഇവിടെ പറയുന്നത് ആ യുക്തത അതാവശ്യമാണ് അപ്പോ അതിനൊക്കെ പലരും പറയുന്ന സമാധാനം ഇതാണ് പണ്ട് ഋഷിന്മാരൊക്കെ വനത്തില് ഫലമൂലങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നല്ലോ അപ്പോ അവരൊക്കെ ശരിക്കും അപ്പോ അവരുടെ തപസില് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നാ അതും കഴിച്ചതെന്ന് വെച്ചാൽ അന്ന് ബോൺ മെറ്റി ഓർലിക്സൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വേറെന്ത് കഴിക്കാനോ കിട്ടുന്നാലേ കഴിക്കാൻ പറ്റും പിന്നെ അന്ന് മനുഷ്യന് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ അതൊന്നും ഉണ്ടായിരുന്നു പ്രകൃതിയിൽ നിന്ന് തന്നെ ആവശ്യമുള്ളതൊക്കെ കിട്ടിയിരുന്നു അത് മതിയായിരുന്നു ഇന്നതൊന്നുമില്ല ഫലമൂലങ്ങളൊന്നുമില്ല മനുഷ്യൻ കൃത്രിമമായി ആഹാരം കഴിക്കേണ്ടി വരുന്നു എന്തായാലും ഇവിടെ അന്നായാലും ഇന്നായാലും ഇവിടെ പറയുന്ന വിജ്ഞാന ധ്യാനത്തിന് ശരിയായ ഭക്ഷണം കഴിച്ചേ മതിയാകുമോ പിന്നെ ചിലര് തപസ്സിനെ കുറിച്ച് പറയുന്നതോ ശരീര കഷയന്ധ ശരീരത്വം അത് അത് നമ്മളോട് വിശദീകരിച്ച എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർ ചില യോഗികളും മറ്റും അങ്ങനെ തപസ്സി അവരറിയുന്നു പിന്നെ ഇന്ന ദുരിതങ്ങളുണ്ട് അതൊക്കെ മാറണോ അതൊക്കെ തടസ്സമാണ് സാധാരണക്കാരല്ല സാധാരണക്കാരൻ പട്ടിണി കിടക്കുന്നതല്ല യോഗികളും മറ്റും യോഗമാർഗത്തിനും മറ്റും പോകുന്നവർക്ക് അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ന ദുരിതം തലസമുണ ഇന്ന പ്രായസ്യത്വം ചെയ്യും അപ്പൊ പ്രായശ്യത്തെ രൂപത്തിൽ അവർ ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും കൃത്രിൻ ചാന്ദ്രായനം പോലെയുള്ള വ്രതങ്ങളും ഒക്കെ ചെയ്യും അത് ശരീരത്തെ നോക്കാതെ ആയിരിക്കും അതിന് പ്രത്യേക അതെ രോഗം വന്നാൽ ഉപവസിക്കുന്നു അങ്ങനെ രോഗം മാറുന്നതിന് വേണ്ടി അപ്പോൾ അതൊരു പ്രത്യേക ഫലത്തെ ഉദ്ദേശിച്ചിരിക്കുന്നു അതല്ല ഇത് പറയുന്നത് ജ്ഞാന ധ്യാനത്തിന് വേണ്ടി എന്ത് ചെയ്യണം പട്ടിണി കിടക്കണോ അത് ഭക്ഷണം കഴിക്കണോ പറയുന്നു അത് ബലമുണ്ടായാലേ പറ്റുമോ ശരീരത്തിനും മനസ്സിനും വേണം ചിലപ്പോൾ ശരീരത്തിന്റെ ബലമായിരിക്കും ഉപകരിക്കുന്നത് ചിലപ്പോൾ മനസ്സിന്റെ ബലമായിരിക്കും രണ്ടിനീം പ്രാധാന്യത്തെ പറയുന്നു ശരീര ഉത്ഥാനസാമർഥ്യം യാനവത മനുഷ്യ കായബലത്തെ കുറിച്ച് പറയുന്നു ആയിരക്കണക്കിന് മനുഷ്യർ എതിർട്ടെന്നിരിക്കട്ടെ മത്തഹസ്തി മതയാന എല്ലാവിനെ ശരിയാക്കും കായബലം പറയുന്നു ശരീര ഉത്ഥാനാദി സാമർഥ്യം ശരീരത്തിൽ വരുന്ന ഉത്ഥാനാദി സമർത്ഥം ശരീര ചലന സാമർഥ്യം ഇരിക്കുക എഴുന്നേൽക്കുക ഇരിക്കുക നടക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം യസ്മാ വിജ്ഞാനം അതുമെല്ലാം ഈ എണ്ണം കൊണ്ടാണ് പിന്നെ വിജ്ഞാനവദാംശമു ഏകഹപ്രാണി ജ്ഞാനമുണ്ട് എനിക്ക് സാമാന്യമായ അറിവുണ്ട് ബോധമുണ്ട് ശരീരത്തിനും ബലമില്ലെങ്കിൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ ബലവാന് രോഗിയായി രോഗശീലാണ് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് കുറെ കോർമയുണ്ട് പ്രയോജനമുണ്ട് ജ്ഞാനമുണ്ടെങ്കിൽ ശരി ചിലപ്പോൾ അവിടെ ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ദോഷം അതുകൊണ്ട് ശരീരബലം ചേർന്നു വരുന്ന മനസ്സിന്റെ ബലം അതിന് മനസ്സിന്റെ ബലത്തിനാണ് ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണ് നവീഭ പ്രതിഭാന്തി അന്നം കൊണ്ട് മനസ്സിന് ബലം ഉണ്ടാകുന്നു ശരീരബലത്തിനാണ് രണ്ടാന ഉദാഹരണം പറയുന്നത് അതും അത്യാവശ്യമാണ് പിന്നെ പട്ടിണികളന്ന് തപസ് ചെയ്യാം എന്തെങ്കിലും ഒരു പാകം ഇരിക്കുകയാണ് പോകുന്നില്ല അത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്നുകിൽ പാപം പോകണം അല്ലെങ്കിൽ ചാകണമെന്ന് വിചാരിച്ച് പട്ടണി കിടക്കാം അങ്ങനെ ചെയ്യുന്ന ചില പെട്ടി രണ്ടിലേതെങ്കിലും ഒന്നും സംഭവിക്കും അത് അവസാനത്തെ പരീക്ഷ അല്ല സാമാന്യമായ രീതിയിലാണെങ്കിൽ ഇവിടെ പറയുന്നു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം വേണം കൂടിയേക്കുന്നു അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല ഇവിടെ വന്നു കണ്ണും മിഴിച്ചിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു എന്തുകൊണ്ടാ ബലമില്ലാത്ത ശരീരത്തിന് ബലമില്ല എഴുന്നേറ്റിരിക്കാൻ ശേഷിയില്ല അവനെങ്ങനെയാ ഇത് കേൾക്കുന്നത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോ കാരണം എന്താണ് തപസ്സല്ലേ ജീവിതം തന്നെ തപസ്സന്നല്ലേ കരുതുന്നു അപ്പൊ അതുകൊണ്ട് കാര്യമൊന്നും നടക്കത്തില്ല രണ്ടുദാഹരണമുണ്ട് മനസ്സിന്റെ ബലം അന്നം കൊണ്ട് മനസ്സ് ബലപ്പെടുന്നു എന്ന് പറയുന്നത് ഒട്ടേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അന്നം കൊണ്ട് ശരീരം ബലപ്പെടുന്ന പോലെയല്ല മനസ്സ് ബലപ്പെടുന്നു അന്നം കൊണ്ട് ശരീരം നേരിട്ട് തന്നെ കാരണം അന്നം പഞ്ചഭൂതാത്മകമാണ് സ്ഥൂലഭൂതമാണ് അന്നം ഈ ശരീരവും സ്ഥൂലഭൂതങ്ങളും ഉണ്ടായതാണ് നമ്മുടെ ഈ സ്ഥൂലഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന അന്നം അത് ഈ ശരീരത്തോടത് കൂടിച്ചേരും അപ്പൊ അന്ന വൃദ്ധി അതാ ചെയ്യുന്നത് അന്നം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഈ ശരീരം എന്ന് പറയുന്നത് നിത്യപരിണാമിയാണ് പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും പലതരത്തിൽ ആ പരിണാമത്തിൽ നഷ്ടം സംഭവിക്കുന്നു ശരീരത്തിന് നഷ്ടം സംഭവിക്കുന്നു ജീർണ്ണത സംഭവിക്കുന്നു വൃദ്ധി സംഭവിക്കുന്നു ചില വൃദ്ധിക്കായിരിക്കും ആധിക്കും ബാല്യം യൗവനം അവിടെയൊക്കെ വൃദ്ധിക്കാണ് ആധിക്കും പരണാമുഖം അത് കഴിഞ്ഞാൽ അപക്ഷയ വിശ വിനാശനം അവിടെ ക്ഷയത്തിനാണ് പ്രാധാന്യം അപ്പോൾ അന്നം പഞ്ചഭൂതാത്മകമായ അന്നം ശരീരത്തിൽ ബാല്യ യൗവനങ്ങളിലെല്ലാം വൃദ്ധിയെ സഹായിക്കും അത് കഴിഞ്ഞ് യൗവനം കഴിയുമ്പോൾ അത് ക്ഷയത്തെ തടഞ്ഞ് ശരീരസ്ഥിതിക്ക് വേണ്ടി വല സ്ഥിതിക്കാണ് വലിയ വൃദ്ധി സ്ഥിതി നിലനിർത്താൻ വേണ്ടി അതെല്ലാം എന്ത് ഭൂതങ്ങൾ ഭൂതങ്ങളോട് ചേരുന്നു ശരീരം അന്നമയമാണ് സ്ഥൂലഭൂതാത്മകമാണ് പുറത്തുനിന്ന് വരുന്ന അന്നവും അതാണ് അത പരസ്പരം കൂടിച്ചേർന്നിട്ട് അതിന്റെ പരിണാമരൂപത്തിൽ ചിലപ്പോൾ ശരീരത്തിന് വൃദ്ധിക്കുന്നു ചിലപ്പോൾ ശരീരത്തിന്റെ ക്ഷയത്തെ തടയുന്നു ചിലപ്പോൾ ശരീരത്തിന്റെ സ്ഥിതിക്ക് ഉപകരിക്കുന്നു അത് ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥൂലമായി കാണുന്ന ഈ ശരീരം ഈ ശരീരത്തിൻ്റെ സൂക്ഷ്മമായി നമുക്കറിയാവുന്നതും നമുക്കറിയാൻ പാടില്ലാത്തതുമായ എല്ലാ ഭാഗങ്ങളിലും ഈ അന്നത്തിൻ്റെ പ്രവർത്തനം പ്രതിപ്രവർത്തനം നടന്നു ആ പ്രണാമം ഒരു സമയം ചെല്ലുമ്പോൾ അന്നത്തിന് ഇതിന് പിന്നെ ഒന്നും ചെയ്യാനില്ലാതെ വരും അപ്പം ശരീരം നശിച്ചു സ്ഥിതിയും സാധ്യമല്ലാതെ വൃദ്ധിയും സ്ഥിതിയും പിന്നെ ശരീരത്തിന്റെ സ്വാഭാവികമായ പരിണാമം എന്താണ് ക്ഷയം അത് കഴിഞ്ഞ് വരുന്നു ഷഡ്ഭാവ വികാരങ്ങളിൽ നാശം അതിന് ചെറുക്കാൻ അന്നത്തിന് ശേഷിയില്ലാതെ വരുമ്പോൾ ആ പരിണാമത്തിന് ശരീരം നശിക്കുന്നു അപ്പോൾ അന്നത്തിന്റെ ശരീരമായിട്ടുള്ള ബന്ധം നേരിട്ടാണ് പക്ഷെ മനസ്സുമായിട്ടങ്ങനെ അന്നത്തിന് നേരിട്ട് ബന്ധം അന്നം മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കാൻ പറ്റത്തില്ല കാരണം അന്നത്തിന്റെ സ്വഭാവമോ അന്നത്തിന്റെ സ്വരൂപമോ അന്നം മനസ്സിനുള്ളത് പഞ്ചഭൂതങ്ങളിൽ പൃഥ്വി ജലം വായു ആകാശം ഇതെല്ലാം പരസ്പരം ആകാശം ഒഴികെയുള്ള വായു ജലം അഗ്നി തേജസ് ഇത് പരസ്പരം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു പക്ഷേ ഇതിനൊന്നും ആകാശത്തിൽ ഒന്നും കൊടുക്കാനോ വാങ്ങാനോ ഒക്കത്തില്ല വും അസ്ഥൂലമാണെങ്കിലും അത് സൂക്ഷ്മവുമാണ് ആകാശം സ്ഥൂല ഭൂതത്തിൽപ്പെടുന്നതാണ് പക്ഷെ എന്നാലും മറ്റ് നാല് ഭൂതങ്ങളെ അപേക്ഷിച്ച് സൂക്ഷ്മമാണ് അതുകൊണ്ട് ആകാശത്തിന് ഇന്നും ചെയ്യാൻ പറ്റരുത് ആകാശത്തെ അഗ്നിദഹിപ്പിക്കുന്നില്ല വെള്ളം നനയ്ക്കുന്നില്ല പൃഥ്വി അതിനു ഛേദിക്കുന്നില്ല ഇതൊന്നും സംഭവിക്കുന്നില്ല അസ്തൂലമായിട്ടുകൂടി അത് വ്യാപകമായതുകൊണ്ടും മറ്റുള്ള അപേക്ഷിച്ച് സൂക്ഷ്മമായതുകൊണ്ടാണ് അപ്പം നേരിട്ട് ഇതിനൊന്നും അതിനെ സ്വാധീനിക്കാൻ പറ്റില്ല അതുപോലെയാണ് മനസ്സ് അന്നത്തിനെ നേരിട്ട് സ്വാധീനിക്കത്തില്ല കാരണം ഈ സ്ഥൂലഭൂതങ്ങളെ അപേക്ഷിച്ച് മനസ്സെന്ന് പറയുന്ന സൂക്ഷ്മമാണ് അദ്വൈതത്തിൽ പറയും ഇതെല്ലാം അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഇന്നത്തെ സയൻസിന്റെ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അത് ശരിയാകുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മ ഭൂതമാണ് അതി പറയുന്ന അപഞ്ചീയങ്ങളുടെ അഭൂതം അപഞ്ചീകളുടെ അഭൂതത്തിൽ പഞ്ചീകരണം സംഭവിച്ചിട്ടാണ് ഈ സ്ഥൂലമാകുന്നത് പഞ്ചീകരണമൊക്കെ അവർ പൊടിച്ചേര് എന്ന് മനസ്സിലാക്കിയാവും സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് മാറി പക്ഷെ മനസ്സ് മാറിയിട്ടില്ല അതുകൊണ്ട് മനസ്സ് സൂക്ഷ്മവും അതേസമയം വ്യാപകവുമാണ് അതേസമയം ശരീരം പരിച്ഛന്നമാണ് വ്യാപകമാണ് അതുകൊണ്ടാണ് മനസ്സിനെ കുറിച്ച് പറയുമ്പോ ചിത്ത ആകാശം എന്ന് പറയും നമ്മളൊന്നും ചർച്ച ചെയ്തിട്ടുള്ള മനസ്സെന്ന് പറയുന്നത് ഈ സ്ഥൂലമായ ആകാശത്തെക്കാളും വ്യാപകമാണ് ഈ സ്ഥൂലമായ ആകാശത്തെ പോലും മറ്റ് ഭൂതങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിനെങ്ങനെ സ്പർശിക്കാൻ കഴിയും മനസ്സിനെന്തെങ്കിലും ഒന്ന് കൂട്ടാനോ മനസ്സിനൊന്നെന്തെങ്കിലും കുറയ്ക്കാനോ ഈ ഭൂതങ്ങൾക്ക് കഴിയില്ല നമ്മൾ കഴിക്കുന്ന അന്നത്തിനു കഴിയില്ല അസൂക്ഷ്മമായതുകൊണ്ടും ചിത്താകാശം അത് വ്യാപകമായതുകൊണ്ടും ചിത്താകാശം ചിതാകാശം ഭൂതാകാശം വാസത്തിനും മറ്റൊരു സ്വീകരിക്കുന്നത് ഈ കാണുന്ന ആകാശം ഭൂതാകാശം ചിതാകാശം പരമാത്മാവ് ചിത്താകാശം മനസ്സ് അപ്പോൾ മനസ്സ് വ്യാപകമാണ് ആകാശം എങ്ങനെയാണോ ഏകമായിരിക്കുന്നത് അതിൽ മനസ്സ് ഏകവുമാണ് അദ്വൈതമത മനസ്സിലായി മനസ്സ് പലതുണ്ട് ആകാശവേകമാണെങ്കിലും എന്താണോ നമ്മുടെ ഭാഷകാലം പറയുന്നുണ്ട് ഗുഹ ഛിദ്രാദി ഉപാധികളെ കൊണ്ട് അത് പലതാകുന്നതുപോലെയുള്ളൂ ശരീരം അല്ലെങ്കിൽ ജീവ ഉപാധികളെ കൊണ്ടും മനസ്സ് പലതാകുന്നു അസ്വത്യത ഒന്നാണ് അപ്പൊ ഏകവും വ്യാപകവും സൂക്ഷ്മവുമായിരിക്കുന്നതിനെ മറ്റു ഭൂതങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയത്തില്ല അതിനെ വളർത്താനോ തളർത്താനോ ഒന്നും കഴിയത്തില്ല അപ്പൊ അന്നത്തിന് മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയത്തില്ല ഒന്നിനും പിന്നെ ഇവിടെ പറയുന്നതോ നമ്മ പ്രതിഭാതീ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല വ്യത്യസ്തമായ സ്വഭാവമുള്ള ഇതെങ്ങനെ പരസ്പരം ബന്ധപ്പെടുന്നു അതായത് ഈ സ്ഥൂലഭൂതങ്ങൾ തിരിച്ച് മനസ്സിന്റെ ഭാവത്തിരുത്തണമെങ്കിൽ ഇതിൻ്റെ ഈ പഞ്ചീകരണമെന്ന് പറയുന്നത് തിരിച്ച് സംഭവിക്കണം അത് സംഭവിക്കത്തില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിച്ചെന്നവടെ ദഹനം നടന്നു വിചാരിച്ച് പഞ്ചീകൃതം അപഞ്ചീകൃതമാകത്തില്ല തിരിച്ചു അതിന് സൂക്ഷ്മമാവാൻ പറ്റത്തില്ല ആ സൂക്ഷ്മമാവുന്നുണ്ടത് ഈ സ്ഥൂലത്തിലെ സൂക്ഷ്മത പരമാണുക്കളെന്ന് പറയും ഈ സ്ഥൂലത്തിലുള്ള സൂക്ഷ്മതയാണ് അപഞ്ചീകൃതമാണ് മനസിന്റെ സൂക്ഷ്മതയല്ല അത് സ്ഥൂലം സൂക്ഷ്മമാവും അത് സൂക്ഷ്മ നമ്മൾ പരമാണു എന്ന് പറയുന്നത് അതിനും സൂക്ഷ്മം നമുക്കറിയാൻ വയ്യാതെ അതല്ല ഈ പഞ്ചീകൃത ഭൂതത്തിൽ വരുന്ന സൂക്ഷ്മത അത്തരത്തിലുള്ള സൂക്ഷ്മത അന്നത്തിന് സംഭവിച്ചിട്ടാണ് ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ വൃദ്ധിയും സ്ഥിതിയും ഒക്കെ അതുണ്ടാക്കുന്നത് പരിണാമത്തിന് അത് യോജിക്കുന്നത് പക്ഷെ അപഞ്ചീകൃതമായ ഭാവത്തിലേക്ക് സ്ഥൂലമായ ഒന്നിനും പോകാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് കാരണം സൃഷ്ടിയിൽ ആദ്യംഭൂതങ്ങൾ തന്മാത്ര രൂപത്തിലാണ് പ്രകടമാണ് എന്നുവെച്ചാൽ സൂക്ഷ്മങ്ങളായിട്ട് അതിനെ സ്ഥൂലമാകുന്നത് ആ പ്രക്രിയ എന്ന് പറയുന്നത് ത്രിവോത്കരണം അല്ലെങ്കിൽ പഞ്ചീകരണം എന്നൊക്കെ പറയുന്നു നമ്മള് നേരത്തെ വിളിച്ചാണ് തസൃഷ്ട് പ്രാപിച്ചത് അവിടെ അത് ചർച്ച ചെയ്യുന്നു അത് എങ്ങനെ സംഭവിക്കുന്നു അത് സത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ നിയമം അനു അനുസരിച്ച് സംഭവിക്കുന്നു ഈശ്വരീയമായ ഒരു നിയമം കൊണ്ടാണ് ഇത് നീ മാറ്റ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് അവ്യാകൃതം കാരണരൂപം അതിൽ നിന്ന് പിന്നെ സൂക്ഷ്മം അതിൽ നിന്ന് പിന്നെ സ്ഥൂലം ഇങ്ങനെ മാറുന്നതിൻ്റെ ഈശ്വരീയമായ നിയമം അനുസരിച്ചിട്ടാണ് അപ്പോൾ അത് മനുഷ്യന് അത് മാറ്റാൻ പറ്റത്തില്ല മനുഷ്യന്റെ നിയമങ്ങൾക്കൊന്നും അത് വിധേയമല്ല ജീവന്റെ സൂക്ഷ്മ ജീവ നിയമങ്ങൾക്കത് വിധേയമല്ല അതുകൊണ്ട് ഇതിന് തിരിച്ചു ഒരിക്കലും സൂക്ഷൂക്ഷമാവസ്ഥയെ നമ്മൾ ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ചത് തിരിച്ച് സൂക്ഷ്മമാകത്തില്ല അപഞ്ചീകരണം സംഭവിക്കത്തില്ല പഞ്ചീകരണം സംഭവിച്ചു പോയി ഇനി അത് സംഭവിക്കണമെങ്കിൽ ഈശ്വരൻ തന്നെ വിചാരിക്കുന്നു ഈ സൃഷ്ടിയിലെ പ്രതിപ്രസവം സംഭവിക്കണം പ്രളയം സംഭവിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ അതുപക്ഷേ ജീവന് സാധ്യ ജീവനെ സംബന്ധിച്ചിടത്തോളം ജീവപ്രളയമേ ഉള്ളൂ സുശക്തി അതും ജീവന്റെ ഇച്ഛയ്ക്ക് അധീനമായിട്ടല്ല തുര്യന്റെ അത് ഈശ്വരന്റെ സങ്കല്പത്തിന് അനുസരിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ തിരിച്ചത് സംഭവിക്കണമെങ്കിൽ പ്രളയത്തെ സംഭവിക്കണം സമഷ്ടി പ്രളയത്തിൽ സംഭവിച്ചാൽ ഈ സ്ഥൂലം തിരിച്ചും അപഞ്ജീകൃത ഭാവത്തിലെത്തി ഇതൊക്കെ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്വൈതികള് പറയുന്ന അതുകൊണ്ട് ഈ സ്ഥൂലഭൂതങ്ങൾക്ക് ഒന്നിനും അതെത്ര തന്നെ സൂക്ഷ്മമായാലും ശരി മനസ്സിനെ സർവവ്യാപകമായും മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല മനസ്സ് ഏകരൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ എന്താനും പറയുന്നു എന്താണ് അന്നം കൊണ്ട് അവിടെ പറഞ്ഞു എന്താണ് വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും ഋഗ്വേദത്തെ ഓർക്കാൻ കഴിഞ്ഞില്ല അന്നം കഴിക്കാതിരുന്നപ്പോൾ കഴിഞ്ഞില്ല മനസ്സിൽ ഓർമ്മ ഒന്നുമില്ല ഇവിടെ പറയുന്നതാണ് സാത്വികമായ ആഹാരം കൊണ്ട് മനസ്സ് സാത്വികമാകുന്നു ആഹാര ശുദ്ധി കൊണ്ട് സത്വശുദ്ധി ഇതെല്ലാം പറയുന്നത് അപ്പൊ അതിന്റെ താല്പര്യം എന്താണ് അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം അത് ഈ അന്നം അല്ലെങ്കിൽ സ്ഥൂലഭൂതങ്ങൾ മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുന്നു എന്നല്ല സ്ഥൂലഭൂതങ്ങൾ സ്വാധീനിക്കുന്നത് മനസ്സിന്റെ ഉപാധികൾ സ്വാധീനിക്കും മനസ്സിന്റെ ഉപാധികളെ സ്വാധീനിക്കുമ്പോൾ ഉപാധികളിലൂടെ പ്രകാശിക്കുന്ന ആ മനസ്സിന് അപൂർണത വരും അത്രയും സംഭവിക്കുന്നു ഒരേ ഒരു പ്രകാശം തന്നെ പ്രകാശിച്ചാൽ അത് ചുവന്നിരിക്കും മഞ്ഞ ബൾബിലൂടെ പ്രകാശിച്ചാൽ അത് മഞ്ഞപ്രകാശമാകും കറുത്ത ബൾബിലൂടെ വന്നാൽ കറുത്ത പ്രകാശമാകും അഴുക്ക് കൂടുതൽ പിടിച്ചിരുന്നാൽ കണ്ണാടിയിലെ പ്രകാശം അംഗീകരിക്കും അഴുക്ക് മാറ്റി അത് തെളിഞ്ഞിരിക്കും ഇതെല്ലാം പ്രകാശത്തിന്റെ പ്രത്യേകതയല്ല ഉപാധിയുടെ പ്രത്യേകതയാണ് അതുപോലെ ജീവന്റെ ഉപാധിയായിരിക്കും ഈ സ്ഥൂലം സ്ഥൂലോപാധി ആ സ്ഥൂലോപാധിപ്പെടുന്നത് നമ്മുടെ ഈ സ്ഥൂലമായ ശരീരം കരചരണാദി അവയവങ്ങൾ നമ്മുടെ തലച്ചോറ് ഹൃദയം അവിടെയുള്ള ആതിസൂക്ഷ്മമായ കോശങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളെല്ലാം സ്ഥൂല ഉപാധികളാണ് ഈ ഉപാധിയിലൂടെ മനസ്സ് പ്രകാശിക്കുമ്പോൾ ഈ ഉപാധികൾക്ക് എന്തെങ്കിലും ഇന്മൂലത വന്നാൽ അത് മനസ്സിന് ശരിക്ക് പ്രകാശിക്കാൻ കഴിഞ്ഞില്ല മനസ്സ് പുറത്തു ഈ ശരീരമെല്ലാം ഇങ്ങനെ കിടന്നാലും ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സില്ലല്ലോ മനസ്സവിടെ ഉണ്ടല്ലോ ജീവനോടൊപ്പം മനസ്സുണ്ട് പക്ഷേ ഈ ശരീരത്തിൽ പിന്നെ മനസ്സിൻ്റെ അതുപോലെ എന്തുകൊണ്ടാണ് അവിടെ മനസ്സിന് പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കുന്നതിനുള്ള ഉപാധി അല്ലാതായും മാറി ഈ ശരീരം അത് കേടായിപ്പോയി മനസ്സിനതിലൂടെ ബൾബ് കേടായാൽ തന്നെ പ്രകാശം കിടക്കുന്നു പ്രകാശമില്ലാത്ത കൊണ്ടാണോ പ്രകാശിക്കുന്നു അതുപോലെ ാധിയായ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് മനസ്സിന്റെ അഭിവ്യക്തി അനഭിവ്യക്തി ഈ ഉപാധി എന്ന് പറയുന്നത് മനസ്സിന്റെ അഭിവ്യക്തിക്കും അനഭിവ്യക്തിക്കും കാരണമായിരിക്കും അഭിവ്യക്തി എന്ന് അതിന്റെ പ്രകട പ്രകടഭാവം അനഭിവ്യക്തി എന്ന് വെച്ചാൽ അത് പ്രകടമാകാതിരിക്കും അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ എന്തായിരുന്നു ഈ ശരീരത്തിന്റെ ആ പരിണാമ പ്രക്രിയക്ക് വ്യത്യാസം വരും അപ്പൊ ഈ ഉപാധികളെല്ലാം അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരെ മനസ്സിനും പ്രകാശിക്കാൻ കഴിയാതെ അപ്പോൾ പറയുന്നു നവൈവ പ്രതിഭാന്തി എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല കള്ള് കുടിച്ച മനസ്സിന് ലൈര് വരുന്നത് കള്ള് മനസ്സിൽ ചെന്നിട്ടല്ല ശരീരത്തിലേ വരും പക്ഷെ ശരീരത്തിന്റെ ഉപാധികളെ അത് മാറ്റി അപ്പം ജീവനെ സംബന്ധിച്ച് മനസ്സിനെ സംബന്ധിച്ച് പ്രാണനെ സംബന്ധിച്ചൊക്കെ ഇതാണ് നിയമം ഇതിലൊന്നും ഈ സൂര്യ ഉപാധികൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയും അത് സ്വതന്ത്രമാണ് പൂർണ്ണമായും ആകാശം മറ്റു നാല് ഭൂതങ്ങളിൽ നിന്നും സ്വതന്ത്രമായിരിക്കുന്നത് അത് വ്യാപകവുമായതുകൊണ്ട് അതുപോലെ മനസ്സും ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തികച്ച് സ്വതന്ത്രമാണ് അതും ഏകവും സൂക്ഷ്മവും വ്യാപകവുമാണ് പക്ഷെ അതിനെ പ്രകാശിക്കണമെങ്കിൽ ഉപാധികൾ യോഗ്യമായി അന്നം ജലം അടുത്ത ജലത്തിന്റെ കാര്യമുണ്ട് ഇതിലെല്ലാം പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഉപാധികൾ പ്രവർത്തിക്കാതെ വരും മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഈ ഉപാധികൾക്കില്ലാതെ വരും ഇല്ലാതെ മനസ്സ് പ്രകാശിക്കത്തില്ല ജീവൻ പ്രകാശിക്കത്തില്ല പ്രാണൻ പ്രകാശിപ്പിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് മനസ്സിനെ അന്നം സ്വാധീനിക്കുന്നു അതിന് അടിസ്ഥാനമായ അതിനുള്ള തത്വം മനസ്സ് അപഞ്ചീകൃത ഭൂതവും ശരീരം അപഞ്ചീകൃത ഭൂതവും അതുകൊണ്ടാണ് ഈ അന്നം മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മനസ്സിലാണ് കാരണം ഒന്ന് സൂക്ഷ്മവും സ്തുലവുമായതുകൊണ്ട് ഈ തരത്തിലതിന് സ്വാധീനം ഉണ്ടാകത്തുള്ളൂ അതിന്റെ താല്പര്യം അതാണ് അത് വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അദ്വൈതമനുസരിച്ച് വേറെ ഏതെങ്കിലും ശാസ്ത്രത്തിലോ വേറെ ഏതെങ്കിലും ഇതിലോ അതിന് മറ്റെന്തെങ്കിലും വിശദീകരണങ്ങളുണ്ടാകാം ഞാൻ നിഷേധിക്കില്ല പക്ഷെ അദ്വൈത സിദ്ധാന്തമനുസരിച്ച് മനസ്സും ശരീരമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ് മനസ്സിനെ അന്നം സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ അത് ഈ രീതിയിലാണ് നമ്മൾ ധരിക്കുന്ന പോലെ അന്നം അതായത് നമ്മൾ അന്നം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സ് പുഷ്ടിപ്പെടുക എന്നുള്ള അർത്ഥത്തിലല്ല ഇതുപോലെ അന്നം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പുഷ്ടി വൃദ്ധി ഉണ്ടാകുന്നതുപോലെ ആ അർത്ഥത്തിലല്ല മറിച്ച് അന്നം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഉപാധികൾ പുഷ്ടിപ്പെടും അന്നം ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ ആ ഉപാധികൾ ക്ഷയിക്കുകയും നശിക്കുകയും ചെയ്യും അങ്ങനെ ഒന്നുകിൽ പിന്നെ ഈ ശരീരത്തിലൂടെ മനസ്സ് പ്രകാശിക്കത്തില്ല ആ പ്രകാശവും അതിൻ്റെ ഉപാധികളും പോലെ മാലിന്യവും അതിന്റെ പരിശുദ്ധിയും പോലെ തന്നെയാണ് അതിൻ്റെ സ്വച്ഛതയും അഴുക്കും പോലെയാണ് ഈ മനസ്സ് പ്രാണൻ ജീവൻ എല്ലാം ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വ്യക്തമായി ഉപേക്ഷിച്ച് മനസ്സിലാക്കണം അതിവിടെ വിശദീകരിക്കുന്നില്ല മറ്റു ഭാഗങ്ങളിൽ അത് വരുന്നുണ്ടെന്നാണ് ഈ അന്നത്തിന്റെയും മനസ്സിന്റെയും ബന്ധത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടത് ഇത്രയും പറഞ്ഞതാണ് അതുകൊണ്ടെന്ന് വരുന്നു യസ്മാദേവം അന്നാദ്യ ഉപയോഗ നിമിത്തം ബലം തസ്മസ പുരുഷോയതദ്വാന് അധ ഉനസ്യം കൊണ്ട് അബലം എന്ന് കഴിഞ്ഞ ശരീരത്തിന് ബലം വന്നുകഴിഞ്ഞാൽ മനസ്സിന് ബലം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞു രോഗിയായി ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു ഭക്ഷണം ഡോക്ടർ മരുന്ന് മാത്രം എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലോ കിടക്കേന്ന് ഒരാളെ പിടിക്കണം അന്ന ബലം കൊണ്ടാണ് എഴുന്നേൽക്കുന്നത് ഉത്തിഷ്ഠ ഗുരുണാം ആചാര്യ പരിചരിത പറയുന്നു അവൻ എഴുന്നേറ്റെന്ന് കഴിഞ്ഞാൽ ഗുരുക്കന്മാരുടെ പൂജ്യന്മാരായിട്ടുള്ളവരുടെ ഗുരുണ എന്ന് പറയും മാതാപിതാക്കളുമെല്ലാം ഗുരുക്കന്മാരാണ് അതുകൊണ്ട് ഗുരുണാം ബഹുവനെത്തി പറയും ആരാണോ ആരാധ്യരായിട്ടുള്ളത് അവരെ മുമ്പിൽ പിന്നെ ആചാര്യന്റെ വിദ്യ സ്വീകരിക്കുന്നവനാണ് ആചാര്യൻ പരിചരിത പരിചരണം പരിചരണത്തി ശുശ്രൂഷായ കർത്ത ഭവതി അതിന് ശേഷിയുള്ളൂ കാരണം ഇത് ബലം കൊണ്ടിത് മാത്രമേ സ്ഥാപിക്കത്തുള്ളൂ ബലം കൊണ്ടെല്ലാം ബലത്തിനും എല്ലാത്തിനും ബലം വേണം എഴുന്നേൽക്കുന്നതെല്ലാം ഗുരു ശുശ്രൂഷക്കാണല്ല ഇവിടെ ആധ്യാത്മികമായ സന്ദർഭമായതുകൊണ്ട് ഭാഷകാരന് പ്രാധാന്യം കൊടുത്തു വരുന്നു അത്യന്തികമായി മനസ്സിൽ ഇരിക്കുന്ന എന്താണ് ഗുരുശു ശോകം നിവർത്തിയ അതിനൊരു ഉപായമാണ് ഗുരുപ്രാപ്തി അതിൽ വരുന്ന കാര്യമാണ് പരിചരണം പരിചരണസ്യ ശുശ്രൂഷയാ ഈ ശുശ്രൂഷ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട് ശ്രോതുമുശ്രൂഷ ഗുരു പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ മതി ഗുരുവിന്റെ ഉപദേശം കേട്ടാ മതി അതുപോലെ പരിചരണവും വേണം ഒരു സേവയും വേണം രണ്ടും വേണം അതുകൊണ്ടാണിത് കൂടെ രണ്ടും എടുത്ത് പറയുന്നത് പരിചരണയാ രണ്ടിന്റെയും പരിചരണവും ശുശ്രൂഷ രണ്ടിനും പരിചരിച്ച് ശുശ്രൂഷ സേവ ചെയ്ത് ഉപദേശം അതിന് രണ്ടിനും പ്രാധാന്യം ആത്മശ്ക്ക് വേണ്ടി ആ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി പരിചരണം ആത്മശിക്ക് വേണ്ടി മുഖ്യമായ ഉപായം അതുകൊണ്ട് ഇത് രണ്ടും വേണം അതുകൊണ്ട് രണ്ടിനെയും പറയുന്നു പരിചരിത പരിചരണ ശുശ്രൂഷായ കർത്താഭവതി അങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ത് നല്ല ബലം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് രണ്ടും കായിക ബലം അതെങ്കില് പരിചരണം സേവ സാധ്യമാകും മുഖ്യമായിട്ട് മനോബലം അതെങ്കില് ശ്രവണം സാധ്യമാകും മനോബലമില്ലാത്തവന് ശ്രവണം സാധ്യമാകും കായിക ബലമില്ലാത്തവന് പരിചരണം സാധ്യമല്ല പിന്നെ ഗുരു അവനെ വരും തിരിച്ച് പറയുന്നത് രണ്ടും പറയുന്നത് എങ്ങനെയാ തുടക്കം ആദ്യം എഴുന്നേക്കണം കിടക്കണം പിന്നെ ഗുരുവിനെ പരിചരിക്കണം പിന്നെ കേൾക്കണം പറയുന്നത് കേൾക്കണം ഇതിനെല്ലാം അന്നം വേണം കർത്തപ്പ് പരിചരൻ ഉപസത്ത ന്തരംഗതി പറയുന്നു പരിചരണത്തിലൂടെ എന്തിനാ പരിചരിക്കുന്നത് പറയുന്നു തേഷാം എന്ന് വെച്ചാൽ ഗുരുണാം ആചാര്യസ്യ നേരത്തെ പറഞ്ഞു ഗുരുക്കന്മാരുടെ പൂജ്യരായിരിക്കുന്നവർ ആരാധ്യരായിരിക്കുന്നു അത് എല്ലാവരും അറിയപ്പെടുന്നു എല്ലാവരും വരും അവരുടെ ഉപ്പസത്ത പരിചരിക്കുന്ന അവരുടെ എന്നിടത്തോ ആധ്യാത്മികമായി വരുമ്പോൾ അത് ഗുരു എന്നുള്ള അർത്ഥത്തിൽ വരും ഉപസത്ത സമീപകഹ അന്തരംഗ അതിനെ തന്നെ വ്യാഖ്യാനിക്കും ആ പരിചരണത്തിലൂടെ അവരുമായിട്ട് അടുക്കുന്നു ആ സേവയിലൂടെ അവന് യോഗ്യത വർദ്ധിക്കുന്നു അവന് അന്തക്കണ്ണ ശുദ്ധി വരുന്നു അവന്റെ അഹങ്കാരാദി ദോഷങ്ങൾ കാമക്രോധാദി ദോഷങ്ങൾ ഇല്ലാതാവുന്നു അത് ജ്ഞാനും കൊണ്ട് പോകത്തില്ല കാമക്രോധാദി ദോഷങ്ങൾ അഹങ്കാരാദികൾ ഗുരു സേവയിലൂടെ പോകത്തു പരിചരണത്തിലൂടെ പോകത്തു അത് ശ്രവണം കൊണ്ടൊന്നും അത് പോകത്തില്ല യോഗ്യത അങ്ങനെ കാരണം അത് അന്തക്കെണ്ണത്തിന്റെ ശുദ്ധിയാണ് അപ്പോൾ അതിന് ഉപായമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ശാസ്ത്രവും വിധിച്ചിരിക്കുന്നതാണ് ഗുരുസേവ അതുകൊണ്ടേ പോകും അവരും ശാസ്ത്രജ്ഞാനും കൊണ്ട് അത് പോകത്തില്ല ആ ശുദ്ധി ഹൃദയശുദ്ധി കൊണ്ട് ഗുരു അവനൻ പ്രീതനാകുന്നു എങ്ങനെ ആ യവൻ ആത്മവിദ്യക്ക് യോഗ്യനാണ് യവനത് ഗ്രഹിക്കാൻ പറ്റുന്നു അപ്പോ അന്തരംഗം പറയുന്നു അവരോട്ട സാമീപ്യം സംഭവിക്കുന്നു അസംഭവിക്കുന്നു മായ സാമീപ്യം അപ്പൊ ഗുരുവിന്റെ ആ വിശുദ്ധിയോട് അവന്റെ വിശുദ്ധിക്ക് സാമീപ്യം വരുന്നു അതാണ് സാമീപ്യംന്ന് പറയുന്നത് അല്ല ഗുരുവിന് കൊടപിടിക്കുന്നതോ അടുത്ത് പോയിരിക്കുന്നതോ അല്ല അതല്ല സാമീപ്യംന്ന് പറയുന്നു അടുത്തിരുന്നാലും ഗുരു തിരിച്ചറിയുക ദുഷ്ടനാണെങ്കിൽ ദുഷ്ടനാണ് ശിഷ്ടനാണെങ്കിൽ കൃഷ്ണനാണ് ഗുരു തിരിച്ചറിയാതെ അടുത്തിരുന്നിട്ട് കാര്യമെന്നു ദൂരെ ഇരുന്നാലും അവൻ യോഗ്യനാണെങ്കിൽ മനസ്സിലാക്കും ആ ശാരീരിക സാമീപ്യന്റെ കൂടെ ഉദ്ദേശിക്കുന്നത് അന്തരംഗം ഹൃദയ സാമീപ്യം അത് അതാ പരിശുദ്ധിയുടെ സാമീപ്യമാണ് നീ അന്തരംഗം പരിശുദ്ധമാണ് അപ്പോ സമാന സ്വഭാവത്തിലുള്ള അന്തരംഗങ്ങളോട് ആ സാമീപ്യം വരുന്നു ആ ബന്ധം വരുന്നു കാന്തം കാന്തത്തിനോട് ആകർഷിക്കുന്നു അത് എങ്ങനെയാണ് പരിചരണത്തിലൂടെ അപ്പോൾ ഗുരുവിൽ നിന്നുള്ള ആ വിദ്യ ഉപദേശഫലം അവന് പ്രകാശിക്കുന്നു പ്രിയോ ഭഗവതി അവന് ഗുരു പിന്നെ അവൻ പ്രിയനായിത്തീരുന്നു പ്രിയ ഉള്ളവനായിത്തീരുന്നു എന്തുകൊണ്ട് മനസ്സിലാക്കുന്നവന് യോഗ്യനാണ് ഇവനീ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നതിനുള്ള അർഹതയുള്ളവനാണ് അത്തരത്തിൽ അവനോട് അപ്പോൾ അതിന് മുഖ്യമായി വരുന്ന എന്താണ് തുടക്കം എവിടുന്നാണ് അന്നത്തിൽ നിന്നാണ് അന്നം കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും എഴുന്നേറ്റി നിൽക്കാൻ കഴിഞ്ഞപ്പോൾ അവന് ശിശ്രൂഷിക്കാൻ പറ്റും ശുശ്രൂഷിക്കാൻ പറ്റിയപ്പോൾ അവൻ്റെ ഹൃദയശുദ്ധി വന്നു ഹൃദയശുദ്ധി വന്നു കഴിഞ്ഞപ്പോ ഗുരുവിന് അവൻ പ്രിയനായിത്തീരുന്നു ഗുരുവിന് വേണ്ടപ്പെട്ടവനായിത്തീരുന്നു Vai seandei. Vai seandei. Vai seandei. Vai seandei. Ja. Ja.